അതിൽ വ്യക്തമായ അടയാളങ്ങളുണ്ട് ഇബ്രാഹിം അലഹിസ്ലാമിന്റെ മക്കാം അതിലുണ്ട് അതിൽ പ്രവേശിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും കഴിവുള്ള മനുഷ്യർക്ക് ആ ഭവനീബീശ തീർത്ഥയാത്ര ചെയ്യുക എന്നത് അള്ളാഹുസുബഹാനുഹുവ ടായാലായുടെ മേൽ നിർബന്ധമാണ് ആരെങ്കിലും സത്യനിഷേധം കാണിച്ചാൽ അള്ളാഹുസുബാനഹുവായാല ലോകർക്കെല്ലാം അനാവശ്യനാണ്